ൈവതാമത്തിൻ്റെ മഹത്വം മനോഹരമായ ഒരു ദിവസം നമുക്ക് കഥാപതാന്നല്ലോ ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഞാനും ബാംഗ്ലൂർ കോൺഫറൻസിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും ആ മെസ്സേജുകളൊക്കെ കേൾക്കുവാനായിട്ട് ഇടയായി പക്ഷെ ഞാനിങ്ങനെ വീട്ടിൽ പറയുമായിരുന്നു മെസ്സേജുകൾ ഒരു പക്ഷേ വളരെ ക്ലാരിറ്റിയോടെ കേൾക്കാനായിട്ട് പറ്റി കാരണമെന്നു വെച്ചാൽ നമുക്ക് കിട്ടുന്ന സമയത്ത് ശ്രദ്ധയോടെയൊക്കെ കേൾക്കാൻ പറ്റി എങ്കിലും നമുക്കവിടെ നഷ്ടപ്പെടുന്നൊരു കൂട്ടായ്മ മാറ്റിപ്പറ്റി അവിടെ ആ എന്തുവാ എല്ലാവർക്കും വീട്ടിലിരുന്ന് കേട്ടാൽ പോരെ അതുണ്ടാക്കുന്നൊരു വ്യത്യാസം എനിക്ക് അറിയാമായിരുന്നു അവിടെ ആ ഒരു ഒരു ലോങ്ങിങ് അവിടെ നഷ്ടപ്പെടുന്ന എന്തെന്ന് ഞാൻ എനിക്ക് ഓരോ പ്രാവശ്യവും മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ എനിക്ക് അനുഭവിക്കാൻ പറ്റി അതുകൊണ്ട് ഞാനൊരു നിർണ്ണയം എടുത്തു എന്തു വന്നാലും കോൺഫറൻസിൽ പോകണം മെസ്സേജ് കേൾക്കുന്നതല്ല അതാ കോൺ സോണി പറഞ്ഞ പോലെ ആ താഴ്മയുള്ള ജീവിതങ്ങളെയും ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഒക്കെ ഒരു സാക്ഷ്യമായിട്ട് സാക്ഷികളായിട്ട് ദൈവം നിർത്തിയിരിക്കുമ്പോൾ അവരോടൊക്കെ ചേർന്ന് ആ ദിവസങ്ങളിലെ സ്വർഗത്തിൻ്റെ അ തുറന്ന സ്വർഗത്തിനെ കീഴിലിരിക്കാൻ പറ്റുന്നൊരു അത് വലിയൊരു അനുഗ്രഹമാണ് അതാണ് നമ്മളിന്ന് കേട്ടത് ഞാനും കേട്ടതിൽ എൻ്റെ ഹൃദയത്തെ വളരെ പിടിച്ച ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സമയം പോയല്ലോ അത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു സന്തോഷ് പുന്നൻ പറഞ്ഞ ഒരു മെസ്സേജിൽ അതുപോലെ കോൺഫറൻസിൻ്റെ പല ഭാഗത്തും സഗ്മർ ഉപയോഗിച്ചൊരു വാക്കുണ്ട് ഹെൽപ്ലെസ് ഡിപ്പൻ്റെ ഓൺ ഗോൾ നിസ്സഹായതയുള്ള ഒരാശ്രയത്വം ദൈവത്തിൽ എനിക്ക് ആ നിലയിൽ ആശ്രയിക്കാൻ പറ്റുന്നുണ്ടോ ഹെൽപ്പ് ലെസ് ഡിപ്പെൻസ് ഓൺ ഗോൾ സന്തോഷ് പുനൻ വളരെ ചിത്രം വരച്ച് കാട്ടി അതേപോലെ ഒരു ദിവസം രാത്രിയിൽ അർദ്ധരാത്രിയിൽ വലിയൊരു കരച്ചിൽ തൻ്റെ മുറിക്ക് പുറത്ത് നിന്ന് കൂട്ടുന്ന ഒരു ശബ്ദം തൻ്റെ കുഞ്ഞിൻ്റേതാണ് നാല് വയസ്സ് ഓ മറ്റോ പ്രായമുള്ളൊരു കുഞ്ഞ് നിലവിളിക്കുക അപ്പാ അപ്പാ അപ്പാ അപ്പാ ആ ശബ്ദം പെട്ടെന്ന് കേട്ട് തിരിച്ചറിഞ്ഞ് തൻ്റെ കുഞ്ഞിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് പതില് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വാതിൽ തുറന്ന് നോക്കാ കൊച്ച കുഞ്ഞ് നിസ്സഹായമായിട്ട് നിലവിളിക്കുക അപ്പാ അപ്പാ അതിൽ തന്നെ കുറിച്ചൊരു ബോധ്യവുമില്ല തനിക്കൊരു ആ നിലയിലൊരു ലിമിറ്റേഷനില്ല ആ പിതാവ് വാരിപ്പുണർന്ന് തോളയിലിട്ട് താൻ തൻ്റെ കുഞ്ഞിനെ ആശ്വസിപ്പിച്ചപ്പോൾ സ്വസ്ഥതയോടെ ആ കുഞ്ഞ് കിടന്നുറങ്ങി പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തോളം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു അതേസൈം നാം മുതിർന്നവരായ താൻ തന്നെ തന്നെ താൻ തന്നെ രാത്രിയിൽ ഒരു ഇരട്ടിൻ്റെ സമയത്ത് മുറിയിലേക്ക് പോകുന്ന അപ്പാ അപ്പാ എന്ന് നിസ്സഹായതയോടെ നിലവിളിക്കാൻ നമുക്കൊരു നമുക്ക് പറ്റുമോ നമ്മളൊക്കെ വലിയ വലിയ ആളുകളാ അത്രയെന്നും നമ്മൾ എന്തൊക്കെയോ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു നമ്മുടെ സഗ പറഞ്ഞ കാര്യം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഒരു പൂജ്യമാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നാം പൂജ്യമാണെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് മാത്രമേ നമുക്ക് കർത്താവിനെ അപ്പ എന്ന് വിളിച്ച് ഒരു നിസ്സഹായതയിൽ പിതാവിൻ്റെ ശനുസരിച്ച് നമുക്ക് കടന്നുചേരാൻ പറ്റും അല്ലേ കത്താവിൻ്റെ ജീവിതത്തെ പറ്റിയും തുടർന്ന് കേൾക്കുമ്പോൾ സ സന്തോഷപരങ്ങനെ പറയുമായിരുന്നു കത്താവിൻ്റെ ജീവിതവും നിരന്തരമായിട്ടും പിതാവിനെ ആശ്രയിച്ച ഒരു കൊച്ചു അദ്ദേഹം പറഞ്ഞു ഒരു കൊച്ചു കുഞ്ഞ് കരം പിടിച്ച് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ നാല് വയസ്സോ മൂന്ന് വയസ്സോ ഉള്ളൊരു കുഞ്ഞിന് എന്തെങ്കിലും ഭയമുണ്ടോ ഒരു വാഹനം മുതലേ കടന്നു കൊയറും ആ കൊച്ചിനെ ഭയപ്പെടുകയല്ല നമ്മുടെ ദേശം മുകളുടെ കോശീസാ എൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞുണ്ട് കാരണം കുഞ്ഞിന് തന്നെ തന്നെ ഒരു ബലമില്ല തന്നെ അല്ല തൻ്റെ ആശ്രയം മറിച്ച് പൂർണ്ണമായും തൻ സുരക്ഷിതയാണ് സുരക്ഷിതനാണെന്ന് കുഞ്ഞിനെ അറിയാം തൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ അപ്പൊ ഈ പറഞ്ഞതുപോലെ പിതാവിൻ്റെ കരം പിടിച്ചുള്ള മുപ്പത്തി വർഷമായിരുന്നു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത് എപ്പോഴും അതല്ലേ യോഹനാൻ ഞാൻ സമയം എടുക്കുന്നില്ല അതെ കോട്ടി വചനങ്ങൾ അനേകമുണ്ട് യോഹനാൻ സുശേഷം അഞ്ചാമധ്യായ വായിക്കുന്നതുപോലെ പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല വിതഔട്ട് മൈ ഫാദർ ഐ എം എഫ് സീറോ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഹൃദയത്തോട് കേട്ട വചനങ്ങളേറ്റവും ഈ സീറോ എൻ്റെ ജീവിതത്തിലും കഴിയാത്തൊരു കാര്യം പലപ്പോഴും ഞാൻ ഓർക്ക് സഭയിൽ വരുമ്പോൾ അല്ലേൽ എൻ്റെ സന്തോഷപോ എൻ്റെ എന്നെ പ്രായം കൊണ്ടെന്നെക്കാളും ഇളയതാണ് പക്ഷേ അതിൽ എന്തോ എന്നോട് കാര്യം പറഞ്ഞാൽ ഞാൻ വളരെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ചെയ്യും എനിക്ക് അവിടെ താഴ്വാൻ മനസ്സിൽ മടിയില്ല അല്ലെങ്കിൽ ജോജിപ്പോ കാര്യം പറഞ്ഞാൽ എനിക്ക് മടിയില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ സഹോദരൻ പറഞ്ഞാൽ ഞാൻ ഗൗരവത്തോടെ എടുക്കും പക്ഷേ അതൊരാത്മീയ ഒരു ഒരു കാപട്യം അതിനകത്തുണ്ടാവും മനഃപൂർവ്വമല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ള ജീവിതത്തിൽ എൻ്റെ ഭവനത്തിൽ ആ താഴ്മ എനിക്ക് കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ വൈരുദ്ധ്യമുണ്ട് കാരണം അവിടെ അതിനു കാരണം തിരയുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ദൈവസഭയിൽ നമുക്ക് പോകാനൊന്നുമില്ല നമുക്കറിയാം കർത്താവിൻ രക്തത്താൽ നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് നമുക്കറിയാം നമ്മൾ ഒന്നുമല്ല പക്ഷേ യേശു ജീവിച്ചതുപോലെ ഞാൻ എൻ്റെ ഭവനത്തിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഇന്ന് കേട്ടതുപോലെ ആ കഷ്ടതയെ ഞാൻ അറിയും അവിടെ ചർച്ചിൽ ജീവിക്കുന്ന പോലെ എളുപ്പമല്ല ചർച്ചിലെ ജീവിതം ഞാൻ നോക്കിയിട്ട് വളരെ സന്തോഷമാണ് നമുക്കാർക്കും അല്ലെങ്കിൽ വീട്ടിൽ പോകണമെന്നുപോലും ഇല്ല പലപ്പോഴും സാഹചര്യം കൊണ്ടാണ് നമ്മൾ പിരിഞ്ഞു കാരണം ഇവിടെ നമുക്കൊരു സ്ട്രെസ്സില്ല നമുക്ക് കീഴടങ്ങാൻ മടിയില്ല പ്രിയപ്പെട്ടവരെ ഈ ഒരു ഹെൽപ്ലെസ് ഡിപ്പെൻഡൻസിലേക്ക് നമുക്ക് വരണമെങ്കിൽ നമ്മൾ ഒരു പൂജ്യമായി മാറണം എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ എൻ്റെ ഭവനത്തിലും അല്ലെങ്കിൽ ഞാൻ ഭാര്യയോടോ കുഞ്ഞുങ്ങളോടോ ഇടപെടുമ്പോഴും ഈ സത്യമൻ്റെ ഹൃദയത്തിൽ ഞാൻ പൂജ്യമാണ് കർത്താവ് വിതഔട്ട് യു എൻ്റെ ഭാര്യയോട് കൃപയിൽ സംസാരിക്കാൻ എനിക്ക് കഴിയുകയില്ല അൺലസ് യു സ്ട്രെച്ച് ഔട്ട് യു ഹാൻഡ്സ് ഞാൻ അവിടുത്തെ കരം പിടിക്കാതെ എൻ്റെ കുഞ്ഞുങ്ങളോടെ എനിക്ക് ആ സ്വസ്ഥതയിൽ സമാധാനത്തിൽ ഇടപെടാൻ കഴിയുകയില്ല അദ്ദേഹം പറയാണ് കർത്താവിൻ്റെ ജീവിതം ഇങ്ങനെയാണ് നിരന്തരം അല്ലേ ആ ആ പാപിനിയായ ആ സ്ത്രീയെ എറിയുവാനായിട്ട് യഹോദന്മാർ വന്നപ്പോൾ അവിടെയും നോക്കുക അതെനിക്കൊരു മറുപടി പിതാവിന് വേണ്ടി പിതാവിൻ്റെ ഉത്തരത്തിന് വേണ്ടി കാത്തിരുന്നൊരു കർത്താവ് കർത്താവിനെ പിതാവിനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് താൻ അറിഞ്ഞൊരു ജീവിതം അതിനെ കരം പിടിച്ച് നടക്കുന്ന അപ്പൻ്റെ കരം പിടിച്ച് നടക്കുന്നൊരു കുഞ്ഞിൻ്റെ അനുഭവം എപ്പോഴും അപ്പൻ്റെ കരത്തിലാണ് തൻ്റെ കുഞ്ഞ് അദ്ദേഹം അതേ തുടർന്ന് പറയാം കർത്താവിൻ്റെ ജീവിതത്തിൽ ഈ മുതിർന്നവരായ നാം ഒരു വിപരീത ഘട്ടത്തിൽ ഒരു ഈട്ടിൻ്റെ ഘട്ടത്തിൽ പോലെ ഒരു നിലവിളിച്ച പിതാവേ എന്ന് പറയാൻ നമുക്ക് ലജ്ജയാണ് നമ്മുടെ ഇടവുമലവും ഒക്കെ നോക്കും കാരണം നാം എന്തുമാണ് ആ ഭാവമാണ് നമുക്കവിടെ നോക്കുക ഗാഗുൽത്താ മലയിൽ തൻ്റെ ജീവിതത്തിൽ മുപ്പത്തി വർഷം പിതാവിൻ്റെ കരം പിടിച്ചു നടന്ന കർത്താവ് ആ ഗാഗുൽത്തായിൽ അക്കാൽപരി കുരിശിൽ നിൽക്കുമ്പോൾ അവിടെ ഈ പിതാവിൽ ആശ്രയത്വം തൻ്റെ കരം അപ്പോഴും പിതാവിലാണ് അവിടെ ആരോടും കഥാവിന് പിണക്കമില്ല അവരോടെല്ലാം പെറുത്തു കഥാവ് ഇതവരോട് ക്ഷമിക്കണമേ കാരണം എന്താണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ കരത്തിലാണ് പിടിച്ചിരിക്കുന്നത് ഇത് പിതാവിൻ്റെ പാനപാത്രമാണ് ഇത് പിതാവിൻ്റെ ഇഷ്ടമാണ് പിതാത്തോസുകളും ആ നിലയിൽ താൻ എല്ലാ ഘട്ടങ്ങളിലും തൻ്റെ പിതാവിലുള്ള ആശ്രയത്വം താൻ സൂക്ഷിച്ചു മരണം വരെ പക്ഷെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതോ പാപം മുഴുവൻ നമ്മ നമ്മുടെ എല്ലാം പാപം എൻ്റെ പാപം നമ്മുടെ ഓരോരുത്തരെയും പാപം സകല ലോകത്തിൻ്റെയും പാപം ഈ ഈ പുത്രൻ്റെ മേൽ പിതാവ് വെച്ചപ്പോൾ നമുക്ക് വേണ്ടി നമ്മളെ മക്കളാക്കാനായിട്ട് പിതാവിനൊരു വേള പുത്രൻ ആഗ്രഹിക്കഞ്ഞിട്ടും പിതാവ് കൈവലിച്ച് കൈയ്യെടുത്തു ഒരു നിമിഷത്തേക്ക് ഏതാനും മൂന്ന് മണിക്കൂർ നേരത്തേക്ക് അദ്ദേഹം അത് ആക്ഷനോടെ കാണിക്കുകയായിരുന്നു തൻ്റെ ജീവിതത്തിലെ തന്നകർന്നു പോയ സമയത്ത് പിതാവെയെ പിതാവേന്ദ്രൻ എന്നെ ഉപേക്ഷിച്ചുവെന്ന് ആ കൂടി നിന്ന് മുമ്പിൽ വെച്ച് വിളിച്ച് നിലവിളിക്കുവാനായിട്ട് കഴിഞ്ഞു എന്താണ് ആ വേദന തന്നെ അലർട്ട് ചെയ്തുകൊണ്ടല്ല അതിലും മണിക്കൂറുകൾക്ക് മുമ്പേ ചാട്ടവാറടി വെച്ച് തൻ്റെ പുറം മുഴുവൻ ഉഴവുചാല പോലെ തന്നെ നിലവിളിച്ചില്ല പിതാവേന്ദ്രൻ എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചില്ല കാരണം തൻ അപ്പോഴും പിതാവിൻ്റെ കരത്തിലായിരുന്നു ആ ഭാരമുള്ള കുരിശ്ശു വെച്ച് താൻ ചുമന്നുകൊണ്ട് മൂന്ന് പ്രാവശ്യം വഴിയിൽ വീണുമ്പോഴും താന് ആ നിലയിൽ നിലവിളിച്ചില്ല എപ്പോഴാണ് എപ്പോഴാണ് ഒരിക്കലായിട്ട് അനന്ത നിത്യതയിൽ ഒരിക്കലായിട്ട് തൻ്റെ അനന്ത ആരംഭമില്ലാത്ത അവസാനമില്ലാത്ത പിതാവുമായിട്ടുള്ള സന്നിധി ആ ഒരു കൂട്ടായ്മയിൽ ഒരു വേള മാത്രം പിതാവ് നമുക്ക് വേണ്ടി എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ പൂ തന്നെ കൈവിട്ടപ്പോ അവിടെ തന്നെ അറിയാത്ത തന്നെ ക്രൂശിക്കുന്ന ജനത്തിൻ്റെ മുമ്പിൽ നിസ്സാരനാകാനല്ല മറിച്ചു പിതാവേ അപ്പാ അപ്പാ എന്തിനെന്നെ വിട്ടു എന്നെ കൈവിട്ടു നമുക്ക് വേണ്ടി ഒരിക്കലായി എവർ ദ എറ്റേണിറ്റി നിത്യതയിൽ അനന്ത നിത്യയിൽ ഒരിക്കലായിട്ട് പിതാവ് കരം വിട്ടപ്പോൾ താനൊരു കുഞ്ഞിനെ പോലെ സന്തോഷ് പുനൻ പറഞ്ഞതുപോലെ കുഞ്ഞ് നിലവിളിച്ചതുപോലെ അപ്പാ ഫാദർ പ്രിയപ്പെട്ടവരെ നമ്മളും നമ്മളെ കുറിച്ചുള്ള ദൈവവിളിയും ഈ ഒരു ഹെൽപ്ലെസ് ഡിപ്പെൻഡൻസ് ആ ഒരു നിസ്സഹായത നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഈ നിലയിൽ ദൈവത്തിൻ്റെ കരം പിടിച്ചുള്ള യാത്രയാവുകയില്ല നമുക്കിത് ആഗ്രഹിക്കാം അനേകം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവജന്മം നമുക്ക് ലഭിച്ചു നമുക്ക് അവസാനം ഒരു കാര്യത്തിലേക്ക് വരാം കർത്താവേ ആ കുഞ്ഞ് നിലവിളിച്ചപ്പോൾ ഓ ചാടി എഴുന്നേറ്റ് ആ തോളിലിട്ട പിതാവിനെ പോലെ നമുക്കും ഓരോ ദിവസവും കർത്താവിൻ്റെ സന്നദ്ധയിൽ കരം പിടിച്ച് കത്താവിനെ കരം പിടിച്ച് കത്താവിനെ കരം പിടിച്ച് ലജയില്ലാതെ നമുക്ക് നിലവിളിക്കാം അല്ലേ ഹിപ്രായ ലേഖനം അഞ്ചാമധ്യായത്തിൽ അങ്ങനെയാണ് നമ്മൾക്കും തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാജന കഴിക്കുകയും തന്നെ ഭയഭക്തിയാൽ ഉത്തരം ലഭിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഈ ഒരു ഡിപ്പൻഡൻസിലേക്ക് സർവശക്തനായ ദൈവം പുത്രനായി ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി മുപ്പത്തി മൂന്നര വർഷം ഒരു മാതൃകയായിട്ട് ജീവിച്ചപ്പോൾ തൻ്റെ ഓരോ ദിവസവും പിതാവിൻ്റെ കരം പിടിച്ചാണെങ്കിൽ നാം എത്രയധികം എത്രയധികം അതിനായിട്ട് ആഗ്രഹിക്കാം എത്രയധികമായിട്ട് നാം നമ്മളെ തന്നെ നമ്മളെ തന്നെ കാണണം ഞാൻ ആഗ്രഹിക്കുന്നു ഹൃദയത്തില് ആ നിലയിൽ ഒരു ഡിപ്പെൻഡൻസ് ഞാൻ കണ്ടു എത്ര എത്ര പോലീസ് ചോദിച്ചോളൂ നിങ്ങളൊക്കെ എത്ര എത്ര വലിയവരാ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു അ പുത്രൻ്റെ ആ നിസ്സഹായത്തിലുള്ള നിലവിളി തന്നെക്കുറിച്ച് വിലപിച്ചവരോട് പോലും കത്താവ് പറഞ്ഞു നീ നിങ്ങൾ എന്നെ ചൊല്ലി വിലപിക്കണ്ട കാരണം എന്താ എൻ്റെ കരം പിതാവിൻ്റെ കരത്തിലാണ് നിങ്ങൾ നിങ്ങളെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിലപിക്കേ പക്ഷെ പിതാവ് കൈവിട്ടപ്പോൾ തനിക്ക് ഏറ്റവും വിലപിടിച്ച കാര്യം അതായിരുന്നു പിതാവിൻ്റെ പിതാവിൻ്റെ കൂട്ടായ്മ താനൊരു പൂജ്യമായിട്ട് പൂർണ്ണമായ ഒരു പൂജ്യമായിട്ട് പിതാവിൻ്റെ ബലത്തിൽ നിൽക്കുന്നവർ പിതാവിൻ്റെ കരം പിടിച്ചിരിക്കുന്നതിനാൽ ഞാൻ ജീവിക്കും പ്രിയപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും അതൊരു ചലഞ്ചാവട്ടെ ഇന്ന് മുതൽ നമുക്കും ആഗ്രഹിക്കാം ആ യാചകനായ സോറിയാന്തനായ ആ പ്രിയ ഉപമ പറഞ്ഞത് പോലെ നമുക്ക് രാവിലെ പലപ്പോഴും ഞാൻ ആ മെസ്സേജ് കേട്ടിട്ട് രാവിലെ രാവിലെ അത് ചെയ്യാൻ ശ്രമിച്ചു പിന്നെ മൂന്നാം ദിവസമായപ്പോൾ മറന്നുപോയി പിന്നെയും ഈ മെസ്സേജിൽ ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് പിന്നെയും അത് ഓർക്കും എത്ര ബുദ്ധിമുട്ടാണ് സ്വാഭാവികമായിട്ട് നമുക്ക് അനുസരിക്കാനായിട്ട് നമ്മളെ എത്ര എത്ര നിസ്സഹായതാണ് ഒരു വിധത്തിൽ പക്ഷെ ആ നിസ്സഹായത നമ്മൾ ഒരു ആവശ്യമായിട്ട് നമ്മൾ എടുക്കുന്നില്ല നമ്മൾ പലപ്പോഴും ഒഴി ഒഴിവ് ഒഴിവാണ് നിസ്സഹായതോ അതേ ഒരു വിധത്തിൽ പറഞ്ഞാൽ വലിയ പാടാണ് ജീവിതം ആ പാടുകൊണ്ട് നീ കർത്താവിൻ്റെ ചെല്ലുക കാത്തിരിക്കുന്ന കരം കാത്തിരിക്കുന്ന ഒരു പിതാവ് നമുക്ക് സ്വർഗ്ഗത്തിലുണ്ട് പ്രിയപ്പെട്ടവരേ നമുക്ക് ആ തന്നെ ആശ്രയിക്കാം കർത്താവിൽ ആശ്രയിക്കാം കത്താവ് നമുക്കായിട്ട് സദാസമയവും നമുക്കായിട്ട് അവൈലബിളാണ് ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം ദൈവത്തിൽ നന്ദി പറയാം നമുക്ക് പ്രാർത്ഥിച്ച മീറ്റിങ് അവസാനിപ്പിക്കാം